ം മൂന്ന് ഞാൻ അവന്റെ കോപത്തിന്റെ വടികൊണ്ട് കഷ്ടം കണ്ട പുരുഷനാകുന്നു അവൻ എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിലത്ര നടത്തിക്കൊണ്ട് പോന്നിരിക്കുന്നത് അതെ അവൻ ഇടവിടാതെ പിന്നെയും പിന്നെയും തന്റെ കൈ എന്റെ നേരെ തിരിക്കുന്നു എന്റെ മാംസത്തെയും തൊക്കിനെയും അവൻ ജീർണമാക്കി എന്റെ അസ്ഥികളെ തകർത്തിരിക്കുന്നു അവൻ എന്റെ നേരെ പണിതും നഞ്ചും പ്രയാസവും എന്നെ ചുറ്റുമാറാക്കിയിരിക്കുന്നു ശാശ്വത മൃതന്മാരെ പോലെ അവനെന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു പുറത്തു പോകുവാൻ കഴിയാത്തവണ്ണം അവനെന്നെ വേലിക്കെട്ടിയടച്ച് എന്റെ ചങ്ങലയെ ഭാരമാക്കിയിരിക്കുന്നു ഞാൻ കൂകി നിലവിളിച്ചാലും അവനെന്റെ പ്രാർത്ഥന തടുത്തുകളയുന്നു വെട്ടുകല്ലുകൊണ്ട് അവൻ എന്റെ വഴി അടച്ചു എന്റെ പാതകളെ വികടമാക്കിയിരിക്കുന്നു അവൻ എനിക്ക് പതിയിരിക്കുന്ന കരടിയെപ്പോലെയും മറഞ്ഞു നിൽക്കുന്ന സിംഹത്തെപ്പോലെയും ആകുന്നു അവൻ എന്റെ വഴികളെ തെറ്റിച്ച് എന്നെ കടിച്ചു ശൂന്യമാക്കിയിരിക്കുന്നു അവൻ വില്ലുകുലച്ച് എന്നെ അമ്പിന് ലാക്കിയിരിക്കുന്നു അവൻ തന്റെ പൂണിയിലെ അമ്പുകളെ എന്റെ അന്തരംഗങ്ങളിൽ തർപ്പിച്ചിരിക്കുന്നു ഞാൻ എന്റെ സർവ്വജനത്തിനും പരിഹാസവും ഇടവിടാതെ അവരുടെ പാട്ടും ആയി തീർന്നിരിക്കുന്നു അവൻ എന്നെ കൈപ്പ് കൊണ്ട് നിറച്ചു കാഞ്ഞിരം കൊണ്ട് മത്ത് പിടിപ്പിച്ചിരിക്കുന്നു അവൻ കല്ലുകൊണ്ട് എന്റെ പല്ല് തകർത്തു എന്നെ വെണ്ണീരിൽ ഇട്ടുരുട്ടിയിരിക്കുന്നു നീ എന്റെ പ്രാണനെ സമാധാനത്തിൽ നിന്ന് നീക്കി ഞാൻ സുഖം മറന്നിരിക്കുന്നു എന്റെ മഹത്വവും യഹോവെങ്കലുള്ള എന്റെ പ്രത്യാശയും പോയിപ്പോയല്ലോ എന്ന് ഞാൻ പറഞ്ഞു നീ എന്റെ കഷ്ടതയും അരിഷ്ടതയും കാഞ്ഞിരവും കയ്പും ഓർക്കേണമേ എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ എപ്പോഴും അവയെ ഓർത്ത് ഉരുകിയിരിക്കുന്നു ഇത് ഞാൻ ഓർക്കും അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു യഹോവ എന്റെ ഓഹരിയെന്ന് എന്റെ ഉള്ളം പറയുന്നു അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ്രപിക്കുന്നു തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത് ഖം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത് അവനത് അവന്റെ മേൽ വെച്ചിരിക്കൊണ്ട് അവൻ തനിച്ച് മൌനമായിരിക്കട്ടെ അവൻ തന്റെ മുഖത്തെ പൊടിയോളം താഴ്ത്തട്ടെ പക്ഷേ പ്രത്യാശ ശേഷിക്കും തന്നെ അടിക്കുന്നവന് അവൻ കവിൾ കാണിക്കട്ടെ അവൻ വേണ്ടുവോളം നിന്ന അനുഭവിക്കട്ടെ കർത്താവ് എന്നേക്കും തള്ളിക്കളകയില്ലല്ലോ അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദൈക്യത്തവണ്ണം അവന് കരുണത്തോന്നും മനസ്സോടെയല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത് ഭൂമിയിലെ സകലബദ്ധന്മാരെയും കാൽകീഴിട്ട് മെതിക്കുന്നതും അത്യുന്നതന്റെ സന്നിധിയിൽ മനുഷ്യന്റെ ന്യായം മറിച്ചു കളയുന്നതും മനുഷ്യനെ വ്യവഹാരത്തിൽ തെറ്റിച്ചു കളയുന്നതും കാണുകയില്ലയോ കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത് അത്യുന്നതന്റെ വായിൽ നിന്ന് നന്മയും തിന്മയും പുറപ്പെടുന്നില്ലയോ മനുഷ്യൻ ജീവനുള്ളെന്ന് നെടുവേർപ്പിടുന്നതെന്ത് ഓരോരുത്തൻ താൻ തന്റെ പാപങ്ങളെക്കുറിച്ച് നെടുവേർപ്പിടട്ടെ നാം നമ്മുടെ നടപ്പാരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക നാം കൈകളെയും ഹൃദയത്തെയും സ്വർഗസ്ഥനായ ദൈവത്തിങ്കലേക്ക് ഉയർത്തുക ഞങ്ങൾ അതിക്രമം ചെയ്തു മത്സരിച്ചു നീ ക്ഷമിച്ചതുമില്ല നീ കോപം പുതച്ച് ഞങ്ങളെ പിന്തുടർന്നു കരുണക്കൂടാതെ കൊന്നുകളഞ്ഞു ഞങ്ങളുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം നീ മേഘം കൊണ്ട് നിന്നെ തന്നെ മറച്ചു നീ ഞങ്ങളെ ജാതുകളുടെ ഇടയിൽ ചവറും എച്ചിലും ആക്കിയിരിക്കുന്നു ഞങ്ങളുടെ ശത്രുക്കളൊക്കെയും ഞങ്ങളുടെ നേരെ വായ്പിളർന്നിരിക്കുന്നു പേടിയും കണിയും ശൂന്യവും നാശവും ഞങ്ങൾക്ക് ഭവിച്ചിരിക്കുന്നു എന്റെ ജനത്തിൻ പുത്രിയുടെ നാശം നിമിത്തം നീർത്തോടുകൾ എന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്നു യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കുവോളം എന്റെ കണ്ണ് ഇടവിടാതെ പൊഴിക്കുന്നു ഇളയ്ക്കുന്നതുമില്ല എന്റെ നഗരത്തിലെ സകല സ്ത്രീജനത്തെയും കുറിച്ച് എന്റെ കണ്ണ് എന്റെ പ്രാണനെ വ്യസനിപ്പിക്കുന്നു കാരണം കൂടാതെ എന്റെ ശത്രുക്കളായവർ എന്നെ ഒരു പക്ഷിയെപ്പോലെ വെട്ടയാടിയിരിക്കുന്നു അവർ എന്റെ ജീവനെ കുണ്ടറയിൽ ഇട്ട് നശിപ്പിച്ചു എന്റെ മേൽ കല്ല് എറിഞ്ഞിരിക്കുന്നു വെള്ളം എന്റെ തലയ്ക്കുമീതേ കവിഞ്ഞൊഴുകി ഞാൻ നശിച്ചുപോയിയെന്ന് ഞാൻ പറഞ്ഞു യഹോവി ഞാൻ ആഴമുള്ള കുണ്ടറയിൽ നിന്ന് നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചിരിക്കുന്നു എന്റെ നെടുവർപ്പിനും എന്റെ നെലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള എന്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു ഭയപ്പെടേണ്ട എന്നു പറഞ്ഞു കർത്താവെ നീ എന്റെ വ്യവഹാരം നടത്തി എന്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു യഹോവേ ഞാൻ അനുഭവിച്ച അന്യായം നീ കണ്ടിരിക്കുന്നു എന്റെ വ്യവഹാരം തീർത്തു തരേണമേ അവർ ചെയ്ത സകല പ്രതികാരവും എനിക്ക് വിരോധമായുള്ള അവരുടെ സകല നിരൂപണങ്ങളും നീ കണ്ടിരിക്കുന്നു യഹോവെ അവരുടെ നിന്നയും എനിക്ക് വിരോധമായുള്ള അവരുടെ സകല നിരൂപണങ്ങളും എന്റെ എതിരുകളുടെ വാക്കുകളും ഇടവിടാതെ എനിക്ക് വിരോധമായുള്ള നിലവും നീ കേട്ടിരിക്കുന്നു അവരുടെ ഇരിപ്പും എഴുന്നേൽപ്പും നോക്കേണമേ ഞാൻ അവരുടെ പാട്ടായിരിക്കുന്നു യഹോവി അവരുടെ പ്രവർത്തിക്കുത്തക്കവണ്ണം അവർക്ക് പകരം ചെയ്യണമേ നീ അവർക്ക് ഹൃദയകാഠിന്യം വരുത്തും നിന്റെ ശാപം അവർക്ക് വരട്ടെ നീ അവരെ കോപത്തോടെ പിന്തുടർന്നു യഹോവിയുടെ ആകാശത്തിൻ കീഴിൽ നിന്ന് നശിപ്പിച്ച് കളയി